അധ്യായം പതിനാല് ഇസ്രയേലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടു കൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളേണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല അനാഥന് തിരുസന്നദ്ധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്നു പറവി ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ ഇസ്രയേലിന് മഞ്ഞുപോലെയിരിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും അവന്റെ കൊമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗി പോലെയും അവന്റെ വാസന ലബാനോതുപോലെയും ഇരിക്കും അവന്റെ നിടലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞന്റേതുപോലെ ഇരിക്കും എഫ്രൈമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത് ഞാൻ അവർക്ക് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെ ആകുന്നു എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും ഇത് ഗ്രഹിപ്പാൻ തക്ക നാനിയാർ ഇത് അറിവാൻ തക്ക വിവേകി ആർ യഹോബിയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറിവീഴും